ജിന്നുകളിലും മനുഷ്യരിലും വലിയൊരു വിഭാഗത്തെ നാം നരകത്തിനായി സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സുകളുണ്ട് എന്നാൽ അവകൊണ്ടവർ ഗ്രഹിക്കുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് എന്നാൽ അവകൊണ്ടവർ കാണുന്നില്ല അവർക്ക് ചെവികളുണ്ട് എന്നാൽ അവകൊണ്ടവർ കേൾക്കുന്നില്ല അവർ കണ്ണുകാലികളെപ്പോലെയാണ് അവർക്കാൾ വലിയ വഴിപുഴച്ചവരാണവർ അവരാണ് അശ്രദ്ധർ